അതു സന്തോഷപുഷ്ടം ഭൃതിയാ മ സന്തോഷപുഷ്ടമസരാജയം ഉപാഗതമാർ ഉപതിഷ സന്തോഷ പുഷ്ട മനസ് സന്തോഷമായിട്ടും പുഷ്ടമായ മനസ്സ് നിറഞ്ഞ മനസ്സ് അതെങ്കിലും സമ്പന്നമായ മനസ്സ് ഉള്ള രാജ്യത്തെ ചിങ്കനത്തും ഉപാഗത ഭർത്യന്മാരെ പോലെ ഇതാണ് ഇന്ദര ഇങ്കരംഗത്തെ പ്രാപിച്ചു നിർമ്മിച്ചാൽ പോലെ ഭർത്തിയന്മാരെ പോലെ വിശദീകരണം അതിന്റെ വിശേഷം ഭർത്തിയാക്കുക കിങ്കരന്ന് പറഞ്ഞാൽ ഭൃത്യന് സേവകൻ ഭൃത്യൻ എന്ത് ആജ്ഞാപിച്ചാലും മനുസരിക്കാൻ തയ്യാറായ കിങ്കരന്മാര് കിം കരോ ഞാനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നിൽക്കുന്നവരാണ് കിങ്കരന്മാർ ആജ്ഞാനുവർത്തികളെന്നൊക്കെ വെറും ഭൃത്യന്മാരുണ്ട് മടിയന്മാരുമാണ് ഭൃത്യന്മാരുണ്ട് പറഞ്ഞ അനുസരിക്കാത്തവരുമാണ് പറ്റിക്കുന്നവരുമാണ് അങ്ങനെയൊന്നുള്ളവരാണ് പ്രത്യേകം പറഞ്ഞത് കിങ്കരത്വപാകതാഹം എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നിൽക്കുന്ന പോലെ മഹർത്തി വലിയ സമ്പത്ത് നിർദ്ധ്യമിച്ച സമ്പത്ത് സമ്പത്തുകളെല്ലാം ഉപദിഷ്ടം ചെയ്യും വന്നുചേരും എന്ന ആർക്കാണോ സന്തോഷം കൊണ്ട് സമ്പന്നമായ മനസ്സാണെന്ന് പറഞ്ഞു സന്തോഷം കൊണ്ടൊരാളുടെ മനസ്സ് സമ്പന്നമാണെങ്കിൽ എല്ലാ സമ്പത്തുകളും എല്ലാ ഐശ്വര്യവും വന്നുചേരുന്നത് അതാണ് ഈ പറയുന്നത് മനസ്സിലായത് നല്ല സന്തോഷമുണ്ടെങ്കിൽ സമ്പത്തല്ല അവർക്ക് സംശയമൊന്നുമില്ല അടുത്തേക്ക് പോകാൻ ഞാനെന്ത് പറഞ്ഞാലും കൂടി തലമുറയ്ക്ക് സമ്മതി അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഒരു സംശയം എന്തോ ഉറപ്പുണ്ട സന്തോഷമാണോ അതിന് സമ്പത്തുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായി എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതൊന്നും പഠിക്കേണ്ട ഒരു വിഷയമാണ് സന്തോഷ സമ്പത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സന്തോഷമുള്ള ഒരു സമ്പത്തുണ്ടാവും എന്താണ് രണ്ടും തമ്മിലുള്ള ബന്ധം അപ്പോ അതിനെ കുറിച്ച് കേട്ടോ ഇത് വായിച്ചതിന് ശേഷമാണ് പഠിച്ചത് അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണോ ഈ പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു കഴമ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഇതൊരു പോയറ്റിക് എക്സാഞ്ചറേഷൻ കാവ്യാത്മകമായ അതിശയമൊക്കെ ഇത്രയും മനുഷ്യന്റെ ജീവിതമായിട്ട് വലിയ ബന്ധമുണ്ട് ഒരു ചെറിയ ബന്ധമുണ്ട് സന്തോഷം ഡയറക്റ്റായിട്ട് സമ്പത്തിന് കാരണം കൊണ്ട് ഇൻഡയറക്റ്റായി സന്തോഷം ഉണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് മാത്രമല്ല സന്തോഷം കൂടി ഉണ്ടെങ്കിൽ ഒരാൾ സമ്പത്തിന് ആർജിക്കാൻ കഴിയും സന്തോഷം കൊണ്ട് സമ്പത്ത് അങ്ങനെ പറയുന്നത് ഇവിടെ എന്താണ് കൃത്യന്മാരെ പോലെ വന്നുചേരുമെന്നാണ് അങ്ങനെയൊന്നും വന്നുചേരത്തില്ല നിങ്ങൾക്ക് അത്ര സന്തോഷം ഉണ്ടായി അങ്ങനെ ഒരു ബന്ധം സന്തോഷം സമ്പത്ത് തമ്മിലൊരു കാര്യകരുടെ ബന്ധമില്ല സന്തോഷം എന്ന സമ്പത്ത് അത് നടക്കുന്ന കാര്യം ലോജിക്കലായിട്ടുള്ള ബന്ധമില്ല സന്തോഷമുണ്ടെങ്കിൽ സമ്പത്തുണ്ട് അങ്ങനെ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പുണ്ട് ആ സന്തോഷത്തിന് വേണമെങ്കിൽ അത് സമ്പത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന സന്തോഷം സമ്പത്താണോ എന്ന് ചോദിച്ചു സമ്പത്തെന്ന് പറയുന്നത് മെറ്റീരിയൽ ആകാം സോഷ്യൽ ആകാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആകാം അങ്ങനെ പലതരത്തിൽ സമ്പത്തുണ്ടാകും അതിൻ്റെ ഒരു ഭാഗമായിട്ട് സന്തോഷം ഉണ്ടെങ്കിൽ അതിനകത്ത് സമ്പത്തെന്ന് വിളിക്കാം പക്ഷേ അത് പറയുന്ന സന്തോഷം കൊണ്ട് ഇവിടെ പറയുന്ന വൃദ്ധി എന്ന് പറയുന്നത് നമ്മൾ ആർജിക്കുന്ന സമ്പത്താണ് ഭൗതികമായ സമ്പത്ത് സന്തോഷം കൊണ്ടുണ്ടാകും സന്തോഷം കൊണ്ടെന്താ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു സന്തോഷമുള്ള ഒരു വ്യക്തിക്ക് ചിന്തയിൽ ക്ലാരിറ്റി ഉണ്ട് സന്തോഷമായിരിക്കും എന്നൊക്കെ വ്യക്തമായി ചിന്തിക്കാൻ കഴിയും മനസ്സിലെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടെങ്കിലും ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വ്യക്തമായി ക്ലാരിറ്റിയോടെ ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ സന്തോഷത്തിന് അങ്ങനെ ഒരു പ്രയോജനമാണ് സന്തോഷത്തിൻ്റെ മറ്റൊരു പ്രയോജനമാണ് സന്തോഷം ഉള്ള വ്യക്തികൾക്ക് സന്തുഷ്ടനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല ബന്ധങ്ങളുണ്ടാക്കാൻ പറ്റും സോഷ്യൽ റിലേഷൻഷിപ്പ് അതിനുവേണ്ടി ഒരാള് സന്തോഷത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ റീസണബിളായിട്ടുള്ള റിസ്ക് അതെടുക്കാൻ പറ്റും റിസ്ക് എന്ന് പറഞ്ഞ പോലെ റീസണബിളായി എന്തിനെങ്കിലും എടുത്ത് ചാടി ഒരു പ്രവൃത്തിയിൽ എടുത്ത് ചാടി പൊളിഞ്ഞ് പാടീസ് ആയി പോകുന്നത് ആ റിസ്ക് അല്ല റീസണബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഉണ്ട് പക്ഷെ സക്സസ് ആവും എന്ന് ചിന്തിച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങുന്നത് അതാണ് റീസണബിൾ റിസ്ക് പിന്നെ സന്തോഷമുള്ള ആളുകൾ ചെയ്യാൻ സംഭവിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിൽ തുടങ്ങി വന്ന കാര്യങ്ങൾ തുടർച്ച ചെയ്യാനും വിജയം വരെ പരിശ്രമിക്കാനും ഉള്ള ഒരു മാനസിക സാന്നിധ്യമുണ്ട് അപ്പൊ സന്തോഷത്തിന് ഇത്രയും പ്രയോജനമുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ചിന്തയിലുള്ള ക്ലാരിറ്റി രണ്ട് റിലേഷൻഷിപ്പ് മൂന്ന് റീസണബിൾ റിസ്ക് നാലാമത്തത് പെർസിസ്റ്റൻസ് തുടർച്ച ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഇറങ്ങി ഇതൊക്കെ സന്തോഷമായ ഒരാൾ കിടക്കും അനുഭവത്തിൽ തന്നെ അറിയാം സന്തോഷമില്ലെങ്കിലും ഇതൊന്നും തന്നെ അടക്കില്ല സന്തോഷമുള്ളവർക്ക് ഇതൊക്കെ ആകും പക്ഷെ സമ്പത്തിന് ഇതുപോലെ സമ്പത്തുണ്ടാണെങ്കിൽ ഒന്നാമത് വേണ്ടി എന്താണ് സ്കില്ലുകളാണ് ഉള്ളത് സമ്പത്ത് ഉണ്ടാക്കുന്നതിനുള്ള സ്കില് സാമർത്ഥ്യം അത് ഏത് വീട്ടിലാണോ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഇറക്കുന്നത് അവിടെയൊക്കെ സ്കില്ുണ്ടാവും ഏത് വീട്ടിലായാലും ഇനി ആധ്യാത്മികമായ വീട്ടിലായാലും ശരി സ്കില് ഉണ്ടെങ്കിൽ അല്ല ആധ്യാത്മികമായ വീട്ടിൽ സമ്പത്തുണ്ടാക്കാൻ ഞാൻ സമ്പത്തുണ്ടാക്കിട്ടുള്ളു അപ്പോ ആധ്യാത്മികമായ മ്മള് പറയും ഇവിടെ എന്താണോ വിരക്തിയാണോ സമ്പത്തും വേണ്ടത് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും അത് വേറെ കാര്യം പക്ഷെ അമ്മയെ വീണ്ടാണ് ഞാൻ മനസിലാക്കിയിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഞാൻ സമ്പത്ത് ഉണ്ടാക്കുന്നു ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലെന്നു സുരക്ഷിതമായി സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ കുറെ അധികം സമ്പത്ത് ഉണ്ടാക്കി അപ്പോ അത് പ്രയാസമുള്ള പിന്നെ സ്കില്ലുണ്ടായാലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഉണ്ടാക്കാൻ ഞാൻ ആത്മീയവുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആവുകയാണ് അപ്പൊ ഞാൻ സമ്പത്തൊന്നും ഉണ്ടാക്കില്ല അന്ന് ഓപ്പർച്യൂണിറ്റി ഇല്ല ഒരു സ്ഥാപനത്തിൽ വരും അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കി സമ്പത്ത് ഉണ്ടാക്കാം എനിക്ക് അത്രക്കുള്ള പ്രാപ്തി ഇല്ലാത്തോണ്ട് ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞപ്പോ അതൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു ഇതുകൊണ്ടാണ് ഈ സമ്പത്ത് സമ്പത്തുണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണല്ലോ ഉണ്ടാക്കാൻ തുടങ്ങിയത് അല്ല സ്വന്തമായി മനസ്താപനം ഉണ്ടാക്കുന്നതിനുള്ള ശേഷിയും എനിക്ക് പക്ഷെ സമ്പത്തുണ്ടായി ഒരിക്കലും നിങ്ങൾ കരുതലും ഞാൻ സമ്പന്നനാണ് ഒരു നയപേസിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടാകും അല്ലാതെ സ്വാമിയായിപ്പോയി ആത്മീയ ജീവിതമോളം സമ്പത്തുണ്ടാക്കാൻ കഴിയില്ല നമുക്കത് പിന്നെ മറ്റൊന്നുള്ളത് ലക്ക് അതുപോലെയാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ സമ്പത്തുണ്ടാക്കാനായിട്ടിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുകൂല സാഹചര്യങ്ങളാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത് അല്ല ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയ സാധനങ്ങൾ സാഹചര്യം അനുകൂലമായി വന്നുകഴിഞ്ഞാൽ കൊറോണ വരുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാള് ഒരു ഹോട്ടലും കൊടുക്കും ഹോട്ടലും ബേക്കറിയും എല്ലാം കൊറോണ എന്ന് പറയുന്നത് പറ്റിയതല്ല ബേക്കറിക്കും പറ്റിയത് അതിൽ പൊളിഞ്ഞു പാളീസായി അവസാന പൂജപ്പണികൾ ജീവിക്കാൻ ഇതാണ് ഉണ്ടാക്കം എന്ന് പറയുന്നത് സാഹചര്യം പ്രതികൂലമായിട്ടും ഞാൻ ഒരു സംഭവമാണ് നേരിട്ട് നേരിട്ട് കൊറോണ വരുന്നതിന് മുമ്പ് ഒരാൾ ബിസിനസ്സുകാരൻ പണം മുടക്കി എന്താണ് ഈ വെന്റിലേറ്റർ മാസ്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് പണം മുടക്കും കോവിഡ് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ റിച്ച് ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത് സാഹചര്യം ഇത് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തതാണ് ഒന്നുമല്ല അയാളുടെ കാൽക്കുലേഷൻപ്പെട്ട കാര്യം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ പ്രതികൂലമാകുന്ന ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഇട്ടു ചിലപ്പോൾ വിടാതിരിക്കും അപ്പോ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാലോ ഭാഗ്യമാണ് കൊറോണ ഭാഗ്യമാകുന്നെങ്കിലും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ ഉപയോഗിച്ച് ചിലർക്ക് ഭാഗ്യമല്ല ചിലർക്ക് ഒരുപാട് പേര് കൊറോണ കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും ഒരുപാട് പേരുടെ ബിസിനസ് കൂട്ടി പോവുകയും ചെയ്തു അനുകൂലമായി സാഹചര്യം വന്നു ലക്കം നൂറ് മറ്റൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു അത് ആദ്യം ഞാൻ പറഞ്ഞുണ്ടോ അതൊക്കെ മറന്നുപോയ ആദ്യം എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് സ്കിൽഡ് പിന്നെ എന്ത് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ടായി ലക്കിന്റെ കാര്യം കഴിഞ്ഞു അത് മറന്നുപോയാ പിന്നെ അങ്ങനെയാണ് പിന്നെ ഈ പറയുന്നത് പോലെ എന്താണ് റിസ്ക് റീസണബിൾ റിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സമ്പത്തുണ്ടാവൂ അല്ലാതെ എനിക്ക് സന്തോഷമുണ്ടോ എന്ന് വിചാരിച്ച് സന്തോഷത്തിന് ഗുണമില്ലെന്നുള്ളതല്ല സമ്പത്തുമായിട്ട് അതിന് നേരിട്ട് ഒരു ബന്ധം സന്തോഷം കാരണമാണ് സമ്പത്ത് കാര്യമാണ് അങ്ങനെയൊന്നുമില്ല സന്തോഷം ഉണ്ടെങ്കിൽ സമ്പത്തുണ്ട് അങ്ങനെ ഒരു ലോജിക്കുമില്ല പിന്നെ സന്തോഷവും സമ്പത്തും തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമാണ് ഒരാളുണ്ട് ആ സന്തോഷവും സഹായിച്ച് അത്രയുണ്ട് സന്തോഷമുണ്ടെങ്കിൽ സമ്പത്തുണ്ടാവും എന്ന് പറയുന്നത് എന്നു പറയുന്നത് ഹാപ്പിനെസ് വിത്ത് എന്നാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയും ബി പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവായിരിക്കും സന്തുഷ്ടായിരിക്കുക എല്ലാം ശരിയാവും ഒന്നും ശരിയാകത്തില്ല അതിന് മറ്റ് പല ഘടകങ്ങളും ഉണ്ടായിരിക്കണം സന്തോഷമുണ്ടെങ്കിൽ നല്ലത് ഇനി സമ്പത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവന് സന്തോഷമുണ്ടായാലും സന്തോഷം ഇല്ലെങ്കിലും അവൻ എന്ത് ത്യാഗങ്ങൾ സഹിച്ചും എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചും അവൻ സമ്പത്തുണ്ടാകും അപ്പൊ സന്തോഷമുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കത്തില്ല പിന്നെ സന്തോഷം അല്ല അവിടെ അവന് പറയുന്ന മീനിങ് എന്നാണ് സമ്പത്തിന് ഒരു മീനിങ്ങായി കാണുന്നത് ഒരു അർത്ഥവത്തായ ജീവിതത്തിലാണ് ജീവിതത്തിൽ സമ്പത്ത് അർത്ഥവത്താണെന്ന് ഒരാൾ കാണുകയാണെങ്കിൽ അതിന് മീനിങ് എന്നുള്ളത് അത് സമ്പത്തുണ്ടാക്കുന്നതിന് ഒരാൾക്ക് ഒരു വലിയ സമ്പത്താണ് ഒരാൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി സമ്പത്തുണ്ടാക്കുകയാണ് തന്റെ ജീവിതത്തിന്റെ അർത്ഥവത്തായ ഒരു കാര്യമെന്നാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ കാഴ്ചപ്പാട് അത് അയാളെ സമ്പത്തുണ്ടാക്കാൻ സന്തോഷത്തോടെ വളരെ വളരെ വളരെ അത് സംഭവിക്കാറുണ്ട് അത് വന്നുകഴിഞ്ഞാൽ പിന്നെ അയാൾ സന്തോഷമാണ് നോക്കുന്നത് അയാൾ പിന്നെ സമ്പത്തിനെയാണ് നോക്കുന്നത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം അർത്ഥവത്താണെന്ന് തോന്നുന്നത് കഴിഞ്ഞു ഞാൻ അതിനുവേണ്ടി മനുഷ്യർ പറയുന്നു അതിനുവേണ്ടി എന്തൊക്കെ കഷ്ടനഷ്ടവും സ്വന്തം ജീവനെപ്പോലും നടക്കും അടുത്ത ദിവസം ഒരു വീഡിയോ ബലൂജിസ്ഥാൻ ജോലി നിങ്ങളും കണ്ടു മൂന്ന് പെൺകുട്ടികൾ ഒരാൾക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അവർ ചാവേറുകളായിപ്പോയി പൊട്ടിത്തെറിച്ചു മരിച്ചു ഇരുപത്തൊന്നാമത്തെ വയസ്സ് അതിന് പോലും വീഡിയോ ഇറങ്ങിയപ്പോൾ വളരെ സന്തോഷിച്ച് ചിരിച്ച് യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠ അവരുടെ മനസ്സിലില്ല അത് അവരുടെ സംഭാഷണത്തിൽ വ്യക്തമാണ് ഒരു മണിക്കൂർ മുമ്പ് ആ വീഡിയോ എടുത്താണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു ചാവേറുകളായി പോയി പൊട്ടിത്തെറിച്ചു അവര് മൂന്നോ നാലോ പട്ടാളക്കാരൊക്കെ വന്നിരിക്കും അവരുടെ ജീവിതത്തിൽ അത്രയാൻ സാധിച്ചത് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അവര് മരിക്കാൻ തയ്യാറായി എന്തുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അർത്ഥവത്തായി കാണുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മരണവും അവരെ സംബന്ധിച്ച് അർത്ഥവത്താണ് ശരിയാണോ തെറ്റാണോന്നുണ്ടായാലോ പട്ട കാഴ്ചപ്പാടി ശരിയോ തെറ്റോന്നുള്ള എന്താണ് അർത്ഥവത്തായി കാണുന്നത് പണം സമ്പാദിക്കുന്നതല്ല ജീവിതത്തിൽ ജീവിതം ബാക്കിയുണ്ട് എന്താ നേടാനുണ്ടവർ കുടുംബമല്ല തൊഴിലെല്ലാം ഒന്നുമല്ല അവരെ സംബന്ധിച്ചെടുത്തോണം പൊടിത്തെക്കുക മരിക്കുക അവര് അതിനെ അർത്ഥവത്തായിക്കണം അപ്പോ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അർത്ഥവത്തായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഭൗതികമായിട്ടായ ശരി ആത്മീയ ജീവിതത്തിലായ ശരി നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കും അവിടെ ആത്മീയം ഭൗതികമെന്ന് വ്യത്യാസമുണ്ട് അങ്ങനെ തോന്നിയ അതിനൊരു മീനിങ് നമ്മൾ കണ്ടെത്തിയ അതും നമുക്ക് പറയാം അപ്പൊ അവിടെ സന്തോഷത്തിന് വലിയ പ്രാർത്ഥന സന്തോഷം വേണം നിർബന്ധമില്ല കാരണം ഒരു സ്വാതന്ത്ര്യ സമരസേനാനി കഷ്ടപ്പെടുന്നു ജയിലിൽ പോയി കിടക്കുന്നു അപ്പൊ ജയിലിന്റെ ജീവിത സുഖമല്ല കഷ്ടപ്പാടാണ് അപ്പോ അയാൾ അവിടെ ചെയ്യുന്നു അത് ഞാൻ അത് അയാളവിടെ എന്താ ചെയ്യുന്നത് അയാള് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കും അയാളുടെ ജീവിത കാലഘട്ടത്തിൽ അയാള് പോലീസുകാരുടെ ചവിട്ടുപാടി പിടികൊക്കെ കൊടുക്കുന്നു ഭക്ഷണം കിട്ടുന്ന എല്ലാ അവസാനവും ഹോസ്പിറ്റലിൽ കിടന്ന് അല്ല നേരം കിടന്ന് ടി വി പിടിച്ചു പോയി പക്ഷെ ഇതെല്ലാം അയാൾ എന്ത് ചെയ്യുന്നു അർത്ഥവത്തായിട്ടാണ് എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് അപ്പോ ഇപ്പൊ ഈ ചോദിച്ച ഇതൊക്കെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഒരു ആത്മീയ പാഠത്തിൽ നിന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷമെന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നവർ അതൊരു ലക്ഷ്യമേ അല്ല സന്തോഷമെന്ന് പറഞ്ഞു വരും കാണുന്നതിന് സഹിക്കുന്നതിന് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നു മനസ്സിക്കുന്നു എന്തുകൊണ്ട് അതൊരു ഇമോഷൻ മാത്രമാണ് അതിനത്രയ്ക്കുള്ള സ്ഥാനങ്ങളും അതിടയ്ക്കുണ്ടാവും ചിലപ്പോൾ ഉണ്ടാകാതിരിക്കും അർത്ഥമില്ലെന്ന് തോന്നിയാൽ പിന്നെ അർത്ഥമില്ലാതായി പോകുമെന്ന് ചിന്തിക്കേണ്ട അർത്ഥമില്ല എന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളത് നങ്ങീരിക്കുക സന്തോഷത്തെ ഒരു സിഗ്നലായി കാണുക ഇടയ്ക്കിടയ്ക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് ലക്ഷ്യമല്ല എന്തുകൊണ്ട് അതിൽ പ്രധാനമായി വരുന്ന ഞാൻ ഈ പറയുന്ന മീനിങ് മറ്റ് നമ്മളീ പഠിച്ചിരിക്കുന്ന ആത്മീയ പാഠങ്ങളുടെ ഭാഗമാണ് ഞാൻ പറയുന്നൊരു പുതിയ കാര്യമാണ് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യം ഞാൻ സന്തോഷത്തെ കുറിച്ച് റിസർച്ച് എടുത്തിപ്പ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് ശരിക്കും ഇപ്പോഴുള്ള കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ റിസർച്ചിലാണ് അപ്പോൾ സന്തോഷം ഒരിക്കലില്ല നമ്മളങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാനീ രണ്ടുപേരും വായിച്ചു അർത്ഥം പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും സമ്മതിച്ചു ആർക്കും ഒരു എതിർപ്പില്ലായിരുന്നു ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നിങ്ങളീ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പൊ സന്തോഷത്തിനു വേണം എത്രയും വേണിലാണ് നിൽക്കുന്നത് അതിന്റെ മീനിങ് എന്ന് പറയും അവിടെ സന്തോഷം ഉണ്ടാകാം സന്തോഷം ഇല്ലാതിരിക്കുകയാണ് സിദ്ധ അതാണ് അതിന് സിഗിനൻ എന്നുള്ളത് ഇപ്പോ ഒരു കാര്യം നമ്മൾ അർത്ഥവത്തായി കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ എന്ത് ക്ലേസൂസ് ആയി ഓരോ ഉദാഹരണം പറയും ഒരസുഖമാണ് ഡോക്ടർ കൊണ്ട് അപ്പൊ ഡോക്ടർ പറയുകയാണ് ആ പരിഹാരം എന്ന് പറയുന്നത് സർജറിയാണ് എന്ന് പറഞ്ഞാൽ അത് അതിനെ തുടർന്ന് കുറെ ക്ലേശങ്ങൾ അനുഭവിക്കുകയുണ്ട് ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ധാരണ അതിന്റെ ബുദ്ധിമുട്ടുകൾ പറയും അതിന്റെ ബെനിഫിറ്റുകളും പറയും രണ്ടും അപ്പൊ ഇതിൽ ക്ലേശങ്ങളുണ്ടെങ്കിൽ അതും അനുഭവിച്ചേ മറ്റും പിന്നെ അതിന്റെ ബെനിഫിറ്റ് അതുകൊണ്ട് ഇതിനെ രണ്ടിനൂടെ ചേർത്തിട്ടാണ് അയാൾ മനസ്സിലാകുന്നത് എന്താണ് ഇത് മീനിങ്ഫുൾ ആണ് ഇത് അർത്ഥവത്തം എന്ന് മനസ്സിലാക്കും സുഖത്ത് മാത്രം പരിഗണിച്ചിട്ടല്ല എന്തുകൊണ്ട് തുടർന്നു വരുന്ന വൈഷമ്യങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം അംഗീകരിക്കുന്നതിനുള്ള ഒരു മനോഭാവം പിന്നെ ഇതിൻ്റെ ഭാവി എന്തായിരുന്നു എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇത്രയേ ഉള്ളൂ അപ്പൊ അതിന് നമുക്ക് ഒരുപാട് വൈഷമ്യങ്ങൾ സഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊരു അർത്ഥവത്തായൊരു കാര്യമാണെന്ന് ധരിക്കുമ്പോൾ രണ്ടിനു കൊള്ളാൻ പറ്റും സുഖത്ത് മാത്രമല്ല അയാൾ സുഖം ലക്ഷ്യമാക്കി അല്ല പോകുന്നു അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുകളെയും പരിഗണിക്കും അപ്പോ ഇതൊരു അർത്ഥവത്തായി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഗുണത്തെയും ദോഷത്തെയും നമ്മൾ ഒരുപോലെ കാണുകയാണെങ്കിൽ നമ്മളതിന് ധൈര്യമായിട്ട് ഇറങ്ങും പിന്മാറത്തില്ല സമ്പത്തുണ്ടാക്കുന്ന ഇങ്ങനെ തന്നെ പറയുന്നത് സന്തോഷം ഒരു വെളുത്താണെങ്കിലും ആരോഗ്യം ഒരു വെളുത്താണ് ആരോഗ്യത്തിന് ഒരു വെൽത്തായി കാണും അതിന്റെ ആ പ്രൊസീഡിങ്സ് സുഖമുണ്ട് ദുഃഖമുണ്ട് രണ്ടുമുണ്ട് രണ്ടും ഉണ്ടെന്നറിയുന്നതാണ് അതിന്റെ അർത്ഥവെന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ സുഖമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ നിരാശ പറയേണ്ടത് ഏത് സമയവും നിരാശ ഉണ്ടാവും ഏത് സമയവും ദുഃഖം ഉണ്ടാകും കാരണം നമ്മുടെ ലക്ഷ്യം സുഖമാണ് നമ്മൾ ദുഃഖം ലക്ഷ്യമാക്കുന്നില്ല പരാജയങ്ങൾ ലക്ഷ്യമാക്കുന്നില്ല സുഖം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഇതിന്റെ ഇടയ്ക്കിട്ടെല്ലാം നേരിടേണ്ടി വരും ഒരു പ്രൊസീജിയരും അങ്ങനെ പെർഫെക്റ്റ് അല്ല ചിലപ്പോൾ അതിന് പരാജയം വെക്കും അത് സംഭവിക്കും എന്റെ പ്രൊസീജിയർ നടത്തിയതിന് മുമ്പ് ഇതേ പ്രൊസീജിയർ വേറൊരാളെ നടത്തി നമ്മൾ ഈ നാട്ടുകാർ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടര പണിയാണ് ഈ മെഷീനിന്റെ ഒരു ഐ സി അടിച്ചു എന്നുവെച്ചാൽ ഇത് ഇത്തിരി കടുത്ത പരിപാടിയാണ് ഒരു വേചൻ പരിപാടിയാണ് അപ്പോ ഇടയ്ക്ക് വെച്ചത് സ്റ്റോപ്പ് ചെയ്യേണ്ടിയുണ്ട് ഡോക്ടറുടെ കുറ്റമാണ് മെഷീൻ ഏത് സമയം ഇടാം അപ്പോ ആ മനുഷ്യനുണ്ടായ ബുദ്ധിമുട്ട് ബ്ലീഡിംഗ് വേദന എല്ലാം സഹിച്ചയാൾ വീണ്ടും ഇതൊക്കെ ഒന്നേ എന്ന് ആരോപിക്കേണ്ടി വന്നു ചിലപ്പോ സുഖമായി ഇതിനാറുണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാം ഇതറിഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് പോകുന്നു ഇതെനിക്ക് സംഭവിച്ചാൽ ഇത് സ്മൂത്തായിരിക്കുമെന്ന് ഇത് സുഖമായിരിക്കുമെന്ന് സുഖത്തെ ലക്ഷ്യമാക്കിപ്പോയാൽ സുഖം ലക്ഷ്യമാക്കരുത് സുഖം എന്ന് പറയുന്ന ഒരു സിഗ്നല് മാത്രം ഇടയ്ക്കിടയ്ക്ക് അതും ഉണ്ടാവൂ വൈഷമ്യങ്ങളും ഉണ്ടാവും ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ ഒടുവിൽ ശരി ഭാവി എന്ന് ശരിയായിരിക്കോ എന്ന് പറയാൻ പറ്റും ഇത് വീണ്ടും തിരിച്ചതുപോലെ തന്നെ വരാം എന്താണോ ചെയ്ത് അത് അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരുങ്ങി കൂടി ചെയ്യാന്ന് പറയുന്നു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അസുഖം നമ്മളെ ലക്ഷ്യമാക്കിയാൽ പറ്റും അപ്പോ അവിടെ ഒരു റീസണബിൾ റിസ്ക് നമ്മളെടുക്കാൻ തയ്യാറും ഇതൊരർത്ഥവത്തായതാണ് കാരണം ഇത് പ്രയോജനമുള്ളതാണ് എന്നാ റിസ്ക് ഉള്ളതുമാണ് ഇതിൽ സന്തോഷമുണ്ടാവും എന്നാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പിന്നെ എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതിൽ നമ്മളൊരു പ്രൊസീജിയറിന് വിധേയനാകും അത്രേ ഉള്ളൂ അതുകൊണ്ട് സന്തോഷം ലക്ഷ്യമാണെന്നുള്ള കാഴ്ചപ്പാടൊക്കെ പണ്ടത്തെ നമ്മൾ ആത്മീയ പാഠങ്ങളിലുള്ള ആൾക്കാർ ഞാൻ ആധുനികമായ കാഴ്ചപ്പാട് സന്തോഷം അങ്ങനെ ലക്ഷ്യമാക്കാൻ ഹ്യൂമൻ എവല്യൂഷൻ പറയുന്നത് ഒരു പർപ്പസ് ഇല്ല എന്നാണ് അത് അതിന്റെ സയൻസാണ് ഞാൻ പറയുന്നത് വിലോസിനൊക്കെ അറിയാൻ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ സന്തോഷത്തെയോ മറ്റെന്തിനെങ്കിലും ലക്ഷ്യമാക്കേണ്ട അത് സയൻസ് തറപ്പിച്ചും പറയും ഒരു മിനിറ്റ് പർപ്പസ്ല്ലാ സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു എവിഡൻസ് സയൻസിന്റെ കയ്യിലില്ല അങ്ങനെയാണിന്ന് മനുഷ്യന്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് ശാസ്ത്രം അതവിടെ ഇരിക്കട്ടെ നമുക്ക് സന്തോഷത്തിലേക്ക് വരാം സന്തോഷം കൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നതിന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒരാൾക്ക് സന്തോഷമുണ്ടെങ്കിൽ എല്ലാ സമ്പത്തും ഭർത്തിയന്മാരെ പോലെ അടുത്ത് വന്നിരിക്കുമെന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് സമ്പത്തുണ്ടാകുന്നത് വേറെ പല വഴികളുമാണ് ആ വഴികളിലൂടെ പരിശ്രമിച്ച സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ അതുകൂടെ സമ്പത്തുണ്ടാകും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും എന്താണ് അത് ജീവിതത്തിൽ അതൊരു മീനിംഗ് ആയിട്ട് എടുക്കുക എന്നാൽ മാത്രമേ സമ്പത്തുണ്ടാക്കൂ അല്ലാതെ ആർക്കും സമ്പത്ത് ആര് സമ്പത്തുണ്ടാകുന്നു താത്കാലികമായിട്ടാണ് അതിന് അർത്ഥവത്തായി കണ്ടുകൊണ്ട് തന്നെയാണ് സമ്പത്തുണ്ടാക്കുന്നത് നമ്മൾ ആരെങ്കിലാണെങ്കിലും ശരി അതാനിയായാലും ശരി അമ്പാനി ആയാലും അതിന് വളരെ പ്രാധാന്യം പിന്നെ നേരത്തെ പറഞ്ഞ എന്താണ് സമ്പത്ത് സന്തോഷ സമ്പത്താണോന്ന് സമ്പത്തിന് പ്രധാനമായും മൂന്നായിട്ട് ഒന്ന് സമ്പത്തെന്ന് പറയുന്നത് മെറ്റീരിയല് തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്നുണ്ടല്ലോ പണം സമ്പാദിക്കും ബാങ്കിന്റെ ഡെപ്പോസിറ്റ് സമ്പത്താണ് വീട് സമ്പാദിക്കും ലാൻഡ് സമ്പാദിക്കും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും അങ്ങനെ എന്തൊക്കെ നമ്മൾ ചെയ്തോ ഭൗതികമായി അതല്ല സമ്പത്ത് തന്നെയാണ് മറ്റൊരു സമ്പത്തുണ്ട് സോഷ്യൽ എന്ന് അതും വളരെ പ്രധാനപ്പെട്ടതല്ല സോഷ്യലായ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് നല്ല ബന്ധങ്ങൾ ഒരു വലിയ സമ്പത്താണ് നമ്മളതിനീ മെറ്റീരിയലായ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഈ സോഷ്യൽ സമ്പത്ത് ഉണ്ട് ഉണ്ടെങ്കിൽ അത് വളരെ മൂല്യമുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മെറ്റീരിയലായിട്ടുള്ള സമ്പത്ത് വളരെ കുറവാണ് പര്യാപ്തമായിട്ടുള്ള പക്ഷേ റിലേഷൻ എന്ന് പറയുന്ന ഒരു സമ്പത്തുണ്ട് അതുകൊണ്ട് അതുതന്നെ വലിയൊരു വെൽത്തായിരിക്കും അതുകൊണ്ട് എന്താണ് വലിയ ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യവും അത് മനസ്സിലാവും അപ്പൊ ഈ റിലേഷൻ എന്ന് പറയുന്നത് മറ്റ് സമ്പത്തുകൾ ഉണ്ടാക്കാം റിലേഷൻ ട്രസ്റ്റ് അതൊരു സമ്പത്താണ് നമ്മൾ മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്യുക അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക അതും വലിയൊരു സമ്പത്താണ് ഒരാളൊരു ചതിയനായി കൊള്ളട്ടെ അയാൾ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യുക അതയാളുടെ സമ്പത്താണ് ട്രസ്റ്റ് ചെയ്യുന്നിടത്തോളം കാണിക്കിപ്പോ കുറച്ച് ആവശ്യങ്ങളുണ്ടായി പെട്ടെന്ന് യാതൊരു ഈ എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണമെങ്കിൽ എനിക്ക് എന്ത് വേണം മണി പണം തന്നെ വേണം ഞാനാണെങ്കിലും പണമൊന്ന് സമ്പാദിച്ചിട്ടില്ല അപ്പൊ പിന്നെ അവിടെ എന്തായിരുന്നു എന്റെ സമ്പത്ത് എന്ന് പറയുന്നു റിലേഷൻ എന്ത് റിലേഷൻ എന്താണ് എന്റെ റിലേഷൻ എന്താണ് എന്റെ റിലേഷൻ എന്ന് പറയുന്നത് കേട്ട തെളിച്ചു പറയും മറയ്ക്കാതെ ഒളിക്കാതെ മടിക്കാതെ തെളിച്ചു പറയും എന്താണ് എന്റെ റിലേഷൻ എന്ന് പറഞ്ഞ ഏ എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ ഞാൻ അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അത് പോരാ നിങ്ങൾ പോയിന്റിലേക്ക് വരുന്നില്ല എന്ത് പറഞ്ഞാലും പോരാ അതൊക്കെ സംബന്ധിച്ചു അത് പോരെന്നാണ് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അന്ന്ക്കറിയാത്ത കാര്യമാണ് അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്തായി എനിക്ക് ഉപകരിച്ചത് അന്ന് മനസ്സിലാക്കുക ആണോ അല്ലേ ആണോ ഒരു എനിക്കൊരു ആവശ്യം വന്നു എന്താണ് ആ റിലേഷൻഷിപ്പ് അതാണ് എന്റെ എല്ലാ സമ്പത്തുമായിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്റെ ഒരു വലിയ സമ്പത്താണല്ലോ എന്റെ ഹെൽത്ത് ആ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ സൗഹൃദം കൊണ്ട് മാത്രമെന്ന് നടക്കത്തില്ല നിങ്ങൾ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രം നിൽക്കൂല്ല അതിന് പണം ചെലവാക്കും അല്ലെ നല്ല മനസ്സ് വേണം ഒരുപാട് കാര്യങ്ങൾ അപ്പോ എനിക്ക് അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതെന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നില്ല അതാണ് ഞാൻ തെളിച്ച് ചിന്തിക്കാൻ പറയുന്നത് നിങ്ങൾ ആദ്യം പറയേണ്ട അതല്ലേ എന്തുകൊണ്ട് അത് വരുന്നില്ല എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം അത് വന്നില്ല നിങ്ങളെല്ലാം ശിക്ഷാർത്ഥന അത് അതാണ് മുഖ്യം അത് ശരിയാണ് എന്റെ സ്റ്റുഡൻസുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും അതെന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ പെരിയായിട്ട് പറഞ്ഞത് എന്താണ് എനിക്ക് അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ അതുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ അമ്മ അതിന് ഇടപെട്ട് ഇടപെടുക എന്നുള്ളതാണ് വളരെ ആക്റ്റീവായിട്ട് എന്താ വേണ്ട എന്ന് ചോദിക്കുന്നത് എന്താവശ്യം എന്നുള്ളത് ചെയ്യുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ അന്ന് എന്നോട് എൻക്വയറി എടുത്തുക എനിക്ക് എന്താ വേണ്ടത് അതല്ല സർവീസാണെങ്കിൽ സർവീസ് പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന അപ്പൊ അതാണ് ആ ബന്ധം ഉണ്ടാകുന്നത് റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്കുണ്ടായ പ്രയോജനം അതാണ് അമ്മക്ക് എന്നോടൊരു റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് അമ്മയോട് ഒരു റിലേഷൻഷിപ്പ് അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അതുകൊണ്ടാണ് നിങ്ങളത് പറയാത്ത പിന്നെ മറ്റുള്ള റിലേഷൻഷിപ്പല്ല എന്നെ സഹായിച്ചു എനിക്ക് മറ്റ് സർവീസ് കിട്ടിയതെല്ലാം ആ റിലേഷൻഷിപ്പ് കൊണ്ടുവരും പക്ഷേ എല്ലാത്തിലും ഉപരിയായി നിന്ന് എന്താണ് അമ്മയുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളോടൊക്കെ എനിക്ക് നല്ല റിലേഷൻഷിപ്പുണ്ട് അമ്മയുമായിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലാന്ന് വെച്ച് എന്തെങ്കിലും നടക്കൂ അതിന് അതിനധീനമായിട്ട് ബാക്കിയുള്ള റിലേഷൻഷിപ്പുകൾ വർക്ക് ചെയ്തു അപ്പോ ജീവിതത്തിൽ എന്താണ് അത്തരം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടും മൂല്യമുള്ള റിലേഷൻഷിപ്പുകൾ വരും അത് ഏറ്റവും വലിയൊരു സമ്പത്താണ് അതിന് അതിന്റെ പിറകെ ബാക്കിയുള്ള എല്ലാ സമ്പത്തും വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് വേണം നമ്മളതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരുന്നു നേപ്പിൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി തരുന്ന എന്താണ് നമുക്കതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് അത് ഇന്നത്തെ മോഡേൺ സൈക്കോളജി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരോടൊക്കെ ഇടപെടുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ ചെറിയ സഹായം തുടങ്ങി വലിയ സഹായങ്ങൾ എല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സംതൃപ്തമായി സംതൃപ്തി എന്ന് പറയുന്നത് സന്തോഷത്തിനെയും ദുഃഖത്തെയും ജയത്തെയും പരാജയത്തെയും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതിനാണ് സംതൃപ്തി എന്ന് പറയുന്നത് തൃപ്തമായിരിക്കാം അതായത് ചിലർക്ക് കൈപ്പ് സന്തോഷത്തെ കൊടുക്കത്തില്ല മധുരമേ സന്തോഷത്തിൽ ചിലർ മധുരത്തിലും കൈപ്പിലും ഒരുപോലെ സംതൃപ്തരായി ആണ് അതിന്റെ വ്യത്യാസം ചിലര് ചില മനുഷ്യർ ദുഃഖം വരുമ്പോൾ കരയും ചിലരല്ല സന്തോഷം വരുമ്പോൾ കരയും അവിടെയാണ് സംതൃപ്തി എന്ന് പറയുന്നത് രണ്ടിടത്ത് ഒരുപാട് ദുഃഖത്തിൽ കരയുന്നത് പോലെ എല്ലാ സന്തോഷത്തിനും കരയും നമ്മൾ കാണാറുണ്ട് അതാണ് സംതൃപ്തി അപ്പൊ മനുഷ്യർ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർ സംതൃപ്തരായിരിക്കും എന്നാണ് മോഡേൺ സൈക്കോളജി പറയുന്നത് അതൊരു വെൽത്താണ് സോഷ്യൽ റിലേഷൻഷിപ്പ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പിന്നെ അങ്ങനെ അത് പറഞ്ഞുപോയ സമയവും ഒന്നുകൂടെ പറയണം മറ്റൊന്നെന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വെൽത്ത് അത് ശരിക്കുള്ള വെൽത്തിന് വേണ്ടിയിട്ട് പിന്നെ നേരത്തെ മാനസികമായ സന്തോഷം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രാജ്യത്ത് ജീവിക്കുന്നു ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ആകെ കലങ്ങി മറഞ്ഞ് കലാപങ്ങളും സംഘർഷങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷമായിരിക്കാൻ പറ്റിയില്ല മൊത്തത്തിലൊരു സ്ഥിരത എന്ന് പറയുന്നതിനാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്നത് അല്ല നമ്മുടെ മനസ്സിന്റെ സമത്വം ഒന്നും അല്ല അത് നമ്മൾ ഭാവന ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും റിയലായിട്ട് ഭൗതികമായ നമ്മുടെ സാഹചര്യങ്ങൾ സ്റ്റേബിളായിരിക്കും അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വെൽത്താണ് അതാണ് നമുക്ക് കൂടുതലും സൈക്കളോജിക്കലായിട്ടുള്ള വെൽത്തിനെ ഉണ്ടാക്കുന്നതാണ് സന്തോഷം വെൽത്താകുന്ന അവിടെ അപ്പൊ ഇവിടെ തീവ്രവാദവും അടിപൊടി അക്രമൊക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും ഇവിടെ ചുറ്റും ബോംബുകൾ ആൾക്കാർ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റും പിന്നെ നിയമങ്ങൾ എന്ന് പറയുന്നത് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കുക ഫ്ലെക്സിബിളായിരിക്കുക മനുഷ്യരിൽ അതിനെ ഒബേ ചെയ്യുക ചെയ്തുകഴിഞ്ഞാൽ അതും ഏറ്റവും വലിയൊരു വെൽത്തായിരിക്കും നമ്മുടെ ഭൗതികമായ മെറ്റീരിയൽ വെൽത്ത് ഉണ്ടാക്കുന്നതിനും നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള വെൽത്തിനും എല്ലാം അത് സഹായിക്കും അങ്ങനെ മെറ്റീരിയലായിട്ടുള്ള വെൽത്തുണ്ട് സോഷ്യലായിട്ടുള്ള വെൽത്തുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള വെൽത്തുണ്ട് ഇത്തരം സമ്പത്തുകളെല്ലാം നമ്മൾ സന്തോഷമായിരുന്നു ഉണ്ടാവുമെന്ന് പറയുന്നത് ഒരർത്ഥമുണ്ട് അതിന് സ്കില്ലും ഓപ്പർച്യൂണിറ്റിയും റിസ്ക്കും നമ്മുടെ സ്ഥിരമായ പരിശ്രമവും ലക്കും അതെല്ലാം കൂടെ കുടിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള വെൽത്ത് തന്നെ ഉണ്ടാകാം അതിന്റെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ ആയിട്ട് വരുന്ന സമ്പത്ത് അതിന്റെ എല്ലാ അകത്തൊക്കെയാണ് സൈക്കോളജിക്കലായിട്ട് വരുന്നത് അപ്പോൾ അതുമാത്രമേ ഉള്ളൂ ഈ സന്തോഷം എന്ന് പറയുന്നത് അല്ലാതെ സന്തോഷമായിരുന്ന എല്ലാ സമ്പത്തും വരുമെന്ന് പറയുന്നത് ഒരു അതിന് ഹാപ്പിനെസ് മിത്ത് എന്ന് പറയും അത് ഈ പറയുന്ന പ്രസംഗങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് അടിച്ചു വിടുന്ന ബി ഹാപ്പി ബി പോസിറ്റീവ് എല്ലാ ശരിയാണ് യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രഭാഷകളായേക്കാം ശരിക്കും വിഷയത്തെക്കുറിച്ച് സോഷ്യൽ ഹെൽത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതിനെക്കുറിച്ചത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറെ പഠനങ്ങളുണ്ട് അതിന് അസിൻ ഫ്രേംസി യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനമുണ്ട് അത് സോഷ്യൽ റിയാലിറ്റികളുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് സോഷ്യൽ വെൽത്ത് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ പറഞ്ഞത് അതിൽ പറയുന്നത് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെയുള്ള നിങ്ങളുടെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ് അതോടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇന്ത്യക്കാരൻ്റെ ജനിക്കുമ്പോൾ തന്നെയുള്ളവരുടെ അവന്റെ കാസ്റ്റാണ് അതായത് ഇന്ത്യയിലെ ശത കോടീശ്വരന്മാരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കം എന്ന് പറയുന്ന മുന്നൂറ്റി അമ്പത്തി എട്ട് പേരുണ്ട് അതായത് അദാനി അംബാനിപ്പം അതിൽ എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളും എന്തുകൊണ്ട് അത് അവരുടെ കാസ്റ്റ് അവർക്കതാകാൻ പറ്റത്തില്ല അവരങ്ങനെ ജനിച്ചുപോയി ജനിച്ചപ്പോൾ അവർക്ക് സമ്പത്തില്ല ഇന്ത്യയിലെ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന അപ്പർ കാസ്റ്റിൻ്റെ കീഴിലാണ് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന ഇരുപത്തഞ്ച് ശതമാനം വരുന്ന അപ്പർ കാസ്റ്റിന്റെ കയ്യിൽ ഇങ്ങനെ തൊണ്ണൂറ് ശതമാനം വരുന്ന വെൽത്ത് ഇതൊക്കെ സോഷ്യൽ വെൽത്തിനെ കുറിച്ച് വെൽത്ത് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് സ്വപ്ന ലോകത്തിന്റെ ഇരിക്കുന്ന പി ആണ് അവരുടെ കയ്യിലുള്ള മൊത്തം വെൽത്ത് അപ്പർ കാസ്റ്റിന്റെ ഉള്ള വെൽത്ത് എന്ന് പറയുന്ന എൺപത്തി അഞ്ച് പെർസെന്റേജാണ് ഇതൊക്കെ ഇന്ത്യയിലെ സോഷ്യൽ റിയാലിറ്റിയാണ് അപ്പോ ഒരുവൻ്റെ ഇന്ത്യക്കാരന്റെ വെൽത്ത് എന്ന് പറയുന്നവരുടെ കാസ്റ്റാണ് ഇന്നും അതൊന്നും മാറിയിട്ടൊന്നുമില്ല എല്ലാം മാറി ഇവിടെ സമത്വ സുന്ദരമാണെന്നൊക്കെ പാട്ടുകൾ പാടുന്നു എന്ന് വിചാരിച്ച് അതൊന്നും യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല ഇത് ഇന്ത്യയുടെ ശത്രുക്കൾ ഉണ്ടാക്കി കണക്കല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ പഠനങ്ങൾ കൊണ്ട് ഇതിനാണ് ഇന്ത്യക്ക് പുറത്ത് നടത്തിയ പഠനങ്ങളുണ്ട് യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠനങ്ങളുണ്ട് എല്ലാവരും ഏറെക്കുറെ ഇങ്ങനെ തന്നെ പറയും അതുകൊണ്ട് വെൽത്ത് എന്ന് പറയുന്ന സന്തോഷം കൊണ്ട് മാത്രമല്ല ഉണ്ടാകും ഇത് ഇന്ത്യയിലെ മാത്രമല്ല പ്രശ്നം കുറേ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും അവിടെ ക്ലാസ്സായിരിക്കും അവിടെ കമ്മ്യൂണിറ്റിയായിരിക്കും എന്നൊക്കെയുള്ള വ്യത്യാസങ്ങളും പക്ഷേ ഇന്ത്യയിലൊരു വളരെ പ്രകടമാണ് വ്യക്തമാണ് സന്തോഷം കൊണ്ട് മാത്രം മെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വയ്ക്കുന്ന എല്ലാവരും മതപ്രഭാഷണത്തിന് ഉപകരിക്കും അവിടെ നിങ്ങൾക്ക് പറയാൻ എന്താണ് നിങ്ങൾ സന്തോഷമായിരിക്കുക നിങ്ങൾക്ക് വലുത്തുണ്ടാവും നിങ്ങൾ പോസിറ്റീവായിരിക്കാം വെളുത്തുണ്ടാവും നിങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ യാഥാർത്ഥ്യമായിട്ട് ഒരു തന്നോ